സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവീൻ നാളേക്കുവേണ്ടി താൻ എന്താണ് മുൻകൂട്ടി തയ്യാറാക്കിയത് എന്ന് ഓരോ വ്യക്തിയും നോക്കട്ടെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുവീൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബഹാനുഹുവചാല സൂക്ഷ്മമായി അറിയുന്നവനാണ്